ഇവിടെ പേന ഒന്ന് വയ്ക്കുന്ന നല്ലതായിരിക്കും ഇപ്പം വേണ്ട പിന്നീട് താർക്കികൻ പ്രകാശ അഭാവമാണ് തമസ എന്ന് പറയുന്നു അദ്വൈതി പറയുന്നു ഇത് മഹത്തായ ദ്രവ്യമാണ് ഉപത്തി വിനാശങ്ങളുണ്ട് അതുകൊണ്ടത് നിത്യദ്രവ്യമല്ല അപ്പൊ താർക്കീയ സിദ്ധാന്തമനുസരിച്ച് അത് പരമാണുവിൽ നിന്നും ഉള്ളതാകണം ഇപ്പൊ തമസിന് പരമാണുക്കളുണ്ട് അപ്പൊ അതിൽ നിന്ന് മഹദ്രവ്യം ഉണ്ടാകത്തില്ല ഇതാണ് താർക്കീയം പറയുന്നത് എന്തുകൊണ്ട് തമ പരമാണ ദ്രവ്യ അനാരംഭക അസ്പർശ മനോപത് മനസ്സിനെ അതിഷ്ടാന്തമാക്കി യഥാ മനോ അപ്പോ അദ്ദേഹം പറയുന്ന എന്താണ് ഇതിൽ ഉപാധിയുണ്ട് ഈ അനുമാനത്തിൽ കാര്യദ്രവ്യ വൈയർത്ഥ്യം അതാണ് ഉപാധി എങ്ങനെയാ ഉപാധി എന്താണെന്ന് വിശദീകരിക്കുകയാണ് മനസ്സിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായാൽ അത് ശരീരമായി ശരീര രൂപത്തിൽ അത് ഉപഭോഗ സാധനമാകത്തില്ല ഇന്ദ്രിയമായിട്ട് അത് ഉപഭോഗ സാധനമാകത്തില്ല വിഷയമായിട്ടും ഉപഭോഗ സാധനമാകത്തില്ല അതുകൊണ്ട് വ്യർത്ഥം ആദ്യം ശരീരമായിട്ടെന്തുകൊണ്ട് ഉപഭോഗ സാധനമാകുന്നുണ്ടോ പറഞ്ഞു ശരീരം എന്ന് പറയുന്ന നാല് ശരീരങ്ങളേ ഉള്ളൂ ഇവിടെ നാല് ശരീരമേ ഉള്ളൂ അഞ്ചാമതൊരു ശരീരമില്ല അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഒരു കാര്യത്തിന് ഉണ്ടായാൽ ശരീരമായിട്ടത് ഉപോസാഹനം ആകത്തില്ല മനസ്സായിട്ട് എന്തുകൊണ്ട് ഉപസാഹനം ആകുന്നില്ല മനസ് ആണ് ഉപയോഗ സാധനം അല്ല മനസ്സിൽ നിന്നുണ്ടാകുന്ന താർക്കികന്മാരുടെ ഇതനുസരിച്ച് വിഷയമായിട്ടുണ്ട് അത് ഉപയോഗ സാധനമാകുന്നില്ല ഉപോഗ സാധനമാകണമെങ്കിൽ അത് രൂപവും സ്പർശവും ഉള്ളതാകണം അങ്ങനെയാണത് ഉപഭോഗ സാധനമാണ് വിഷയതയാണ് പറയുന്നു എന്നുവെച്ചാൽ അരൂപവും സ്പർശവും ഉള്ളതിൽ നിന്നുണ്ടാകണം എന്നാലത് ഉപഭോഗമായിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അപ്പൊ അതിന് വിഷയത്വത്തിന്റെ ലക്ഷണം പറഞ്ഞു എന്താണ് ശരീരേന്ദ്രിയ വ്യതിരക്ത അവയവി അതാണ് പര സ്പർശരഹിതമായ ഒന്നിൽ നിന്നുണ്ടാവുന്ന ഒന്ന് വിഷയത്തിന് ഉപകസാധനം ആകത്തില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഒന്ന് സാർത്ഥകമാകണമെങ്കിൽ ഉപയോഗസാധനമാകണം ശരീരം ഇന്ദ്രിയം വിഷയം മൂന്നിരമ്പെടാത്ത ഒന്നും ഉപോഗ സാധനമല്ല അതുകൊണ്ട് അത് വരദ്ധമാണ് മന ആരബ്ധ കാര്യദ്രവ്യം വരദ്ധം ഇതാണ് ഇവരെ പറഞ്ഞത് മനസിലായല്ലോ പിന്നെ ഇനി എന്താ മനസ്സിലാക്കാൻ ഏഹ് വായിച്ചിട്ട് എന്തോണ്ട് കുഴപ്പം വല്ലതും ഉണ്ടാകും ഏഹ് വായിച്ചിട്ട് ഈ ശരീരം ഇന്ദ്രിയോ ഈ പറഞ്ഞ കാര്യമല്ല പിന്നെ അതിന് ഈ പറയുന്ന കാര്യമാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാലും ശരിയാവില്ല ഹിന്ദി ശരിയാണ് ശരിയാവത്തിട്ട് ഹിന്ദി ശരിയാ പക്ഷെ കാര്യം ശരിയാവത്തിട്ടിന്ദിയില് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉള്ള അറിവ് എനിക്കില്ല ആശയത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ എനിക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞതിലും ഞാൻ പറഞ്ഞല്ലോ ഹിന്ദിയിൽ തെറ്റില്ലെന്ന് ആശയം തെറ്റാ അവിടെയാണ് തരാറ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ല ഹിന്ദി ശരിയാതലായ നാല് ഭൂതങ്ങൾ മനസ്സിലായില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ ആർക്കെങ്കിലും മനസ്സിലായോ അതിലുള്ള എന്റെ അഭിപ്രായത്തിൽ എന്റെ ഹിന്ദി ഞാനനുസരിച്ച് കോയി ശരീര ഹിന്ദിയിൽ ഈ പറഞ്ഞതിൽ ആശയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടും അത് പരിഹരിച്ചില്ല ഇനി എന്താണെന്നുള്ളത് എന്താണ് നോക്കുക അത് മനസിലാകണമെങ്കിൽ എന്ത് ചെയ്യണം സംസ്കൃതം നോക്കുന്നു അത് അത് വായിച്ച് ഈ സംസ്കൃത വായിച്ചു നോക്കിയാ മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മനസ്സിലാകേണ്ടതാണ് അല്ലേ അതായത് ഈ വ്യത്യാസമെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ വ്യത്യാസമാണ് ഈതയാള് നിങ്ങൾ ചിന്തിക്കുന്ന ഒരേ ലെവലിൽ തന്നെ ഒരു സ്റ്റെപ്പൂടെ മുമ്പോട്ട് പോയാൽ ഇത് സംഗതി ശരിയാകും അതെന്താണെന്ന് സംസ്കൃതം നോക്കുക അതായത് മൂലത്തിൽ പാർത്ഥിവാദി ചതുർവിധ ശരീര അനന്തർഭൂതസ്യ ഇന്ദ്രിയ അനാശ്രയസ്യ ശരീരതയാ ഭോഗ സാധനത അനുപത്തെഹി അതാണ് അതിനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചത് അതില് മൂലഗ്രന്ഥത്തിലും വ്യാഖ്യാനത്തിലും വരുന്ന സൂക്ഷ്മമായ വ്യത്യാസം എന്താണെന്ന് നോക്കണം അയം അർത്ഥ വ്യാഖ്യാനത്തിന് ഇതിന്റെ അർത്ഥം അതെന്തിനു ശരീരതയാ ഭോഗസാധനതാ അഭാവമാ ശരീരതയായിട്ട് ഭോഗസാധനം വരുന്നില്ല അതുപറയുന്നു പാർത്ഥി വാപ്യ തേജസ്വായവീയാനി ചതുർവിധാനി ശരീരമാണ് പ്രമാണമന്തി ഈ നാല് ശരീരങ്ങൾക്ക് പ്രമാണമുള്ളൂ അതൊക്കെ വളരെ സ്പഷ്ടമാണ് തത്ര പാർഥിവാനി കാനി പറയുന്നു യാാനിമാനി അനുഭൂ എന്തേ നമ്മൾ ഈ അനുഭവിക്കുന്നതാണ് ആപ്യാധിത്വശാസ്ത്ര ഗമ്യാനീതി അത് നമ്മള് തർക്കസംഗ്രഹത്തെ തന്നെ പഠിച്ചാണ് ആദിത്യരോഗി വായുരോഗെ എന്നൊക്കെ പറഞ്ഞോ പറഞ്ഞ നമ്മളിവിടെ കാണുന്നതല്ല സാധനം വേറെയാണെന്ന് പറഞ്ഞു ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മനസിലായോ ഇതിന്റെ തർജ്ജം ഇവിടെ ശരിയാണ് കോയി ഇന്ദ്രിയോയി ശരീര ഇന്ദ്രിയോ ശരിയാണോ ചാതുർവിദ്യ അനവരുദ്ധ ശരീര സദ്ഭാവ പ്രമാണമസ് ശരീരത ഉം അവിടെയാണ് ഹിന്ദിയിൽ പെശു വന്നത് ഉം ഉം ഇനി എന്റെ അർത്ഥം നോക്കുക ഉം ചാതുർവിദ്യ അനവിരുദ്ധം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉൾപ്പെടാത്ത അനന്തർഭൂതം എന്ന് മൂലത്തിൽ പറഞ്ഞ എന്താണ് ശരീര അനന്തർഭൂതം എന്ന് പറഞ്ഞാൽ ഇവിടെ അനവിരുദ്ധം എന്ന് പറഞ്ഞു നാല് തരത്തിൽ ഉൾപ്പെട്ട ഈ ശരീരത്തിൽ ഉൾപ്പെടാത്ത ശരീരസദ്ഭാവേ പ്രമാണം പ്രമാണമില്ല വ്യക്തമാണല്ലോ തദ്ധസ് എന്ന് പറഞ്ഞാൽ തദ്ദേശ തദ് ശ്രദ്ധ വേണമെന്ന് പറയുന്നു എന്താണ് മന മന ആരബ്ദസിന്റെ ശരീരത മനസിൽ നിന്ന് ഒരു ദ്രവ്യം ഉണ്ടായാൽ അത് ശരീരമാകത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം മന ആരബ്ദസ് എന്ന ശരീരതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മന ആരബ്ധമായ ഒരു ശരീരം അങ്ങനെയൊന്നുമില്ല മനസ്സിൽ നിന്നൊരു ദ്രവ്യം ഉണ്ടായാൽ എന്താ പറയുന്നത് അത് ശരീരമാകത്തില്ല ദ്രവ്യം ഉണ്ടാകാം ഉണ്ടായ ശരീരമാത്ര എന്നാ പറയും അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ മനസ്സിലായോ അതുകൊണ്ട് മനാരബശ ശരീരം ഒന്നും മൂലത്തിലും പറഞ്ഞിട്ടില്ല ഉണ്ടാ മൂലഗ്രന്ഥാരബ ശരീര ഏഹ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യസ്യ വ്യാഖ്യാനത്തിൽ എന്തു പറഞ്ഞു തത് ശരീരം എന്ന് വെച്ചാൽ ദ്രവ്യമേ ഉള്ളൂ മനാരബ്ധ ശരീരം അങ്ങനൊരു ഏഹ് മനാരബ ശരീരം ഇല്ല അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ ഇൻസെ അതിരി കോയി ശരീര് ഇൻസെ അതിരി കോയി ശരീരം അവിടെയാണ് തെട്ട് ഏ ഇൻസെ അതിരിത് കോയി കരിദ്രവിന്ന് എന്നാലും ബാക്കി ശരിയാവത്തില്ല ഇതിന്റെ അർത്ഥമാകുന്നില്ല കാരണം എന്തുകൊണ്ട് ഈ നാല് ശരീരങ്ങളിൽ നിന്ന് അതിരിക്തമായ ഒരു ശരീരം താർക്കിയിൽ അംഗീകരിക്കുന്നില്ല അപ്പോ ഇതിൽ നിന്ന് അതിരക്തമായി അവരാണ് പറഞ്ഞത് എന്താണ് മനസ്സിന് സ്പർശമില്ലാത്തതുകൊണ്ട് മനസ്സിൽ നിന്നൊരു ദ്രവ്യം ഉണ്ടായാൽ അതിന് സ്പർശം കാണത്തില്ല അതിന് ദ്രവ്യുണ്ടാകത്തില്ല ാണ് അപ്പോ ആ ആശങ്ക മാത്രേ കൂടെ എടുക്കുന്നത് എന്താണ് അങ്ങനെ മനസ്സിൽ നിന്ന് ഒരു ദ്രവ്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദ്രവ്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ശരീരമാകത്തില്ല അത് ശരീരം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മന ആരബ്ധ കാര്യദ്രവ്യത്തിന്റെ ശരീരത്വത്തെയാണ് നിഷേധിക്കുന്നത് അതാണ് ഇനി അടുത്ത മിസ്റ്റേക്ക് അതിൽ വരുന്നത് എന്താണ് മന ആരബ്ധമായ ശരീരത്തിൽ ഇന്ദ്രിയ ആശ്രയത്വില്ലെന്നല്ല പറയുന്നു ഇവിടെ മനസ്സിലായോ വ്യത്യാസം മനസ്സിലാകും മന ആരബ്ധമായ ശരീരത്തിൽ ഇന്ദ്രിയാശ്രയത്വം ഇല്ലാതല്ല ഇവിടെ പറയുന്നു ഇന്ദ്രിയാശ്രയമായ ശരീരത്വം മനാരബ്ധമായ ദ്രവ്യത്തിൽ ഇല്ല എന്നാണ് ഇന്ദ്രിയശ്രയമായ അത് ഇവിടെ തന്നെ നോക്കാം സംസ്കൃതത്തിന് നോക്കാം അത്ര മൃതശരീരവോകാധനതായ ഇന്ദ്രിയ അനാശ്രയത്വം ഹേതുഹു ഇതൊരനുമാനമാണ് എങ്ങനെ പറയും അത്ര അത്ര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മന ആരബ്ധകദ്രവ്യേ അത് അനുമാനത്തില പക്ഷോ എന്താണ് മന ആരബ്ദകാരിദ്രവ്യം അഭോഗ സാധനം അനാശ്രയത് മൃതശരീരവും ഇതാണ് അനുമാനം മനസ്സിലായ അപ്പോ മനാരബകാരിദ്രവ്യം പക്ഷം അതിലെന്താണ് ആ ഭോഗ സാധനത്വം അതിൽ ഭോഗ സാധനത്വം വരുന്നില്ല അപ്പോ മനാശ്രയകാര്യദ്രവ്യത്തിൽ ഭോഗസാധനത്വം വരുന്നില്ല എന്താ ഹേതു ഇന്ദ്രിയ അനാശ്രയത്വാ അപ്പൊ ഇവിടെ ഈ അനുമാനത്തിൽ പറയുന്നത് മന കാര്യദ്രവ്യം ഭോഗ സാധനം അല്ല ഇന്ദ്രിയ എന്നാണ് ഈ ആശയമാണ് പറയുന്നത് മറിച്ച് മന ആരബ്ധമായ ശരീരം ഭോഗസാധനമല്ല ഇന്ദിര അനാശ്രയത്വ എന്നല്ല പറയുന്നു രണ്ടും രണ്ട് കാര്യമാണ് മനസ്സിലായോ മന ആശ്രയമായ ശരീരം ഭോഗസനമല്ല ഇന്ദ്രിയ ആശ്രയം അല്ലാത്തത് കൊണ്ട് എന്നല്ല ഇവിടെ പറയുന്നു മനാശ്രയമായ കാര്യദ്രവ്യം ഭോഗസാധനമല്ല ഇന്ദ്രിയ ആശ്രയം അല്ലാത്തത് കൊണ്ട് രണ്ടുമൊന്നാണ് ഇന്ത്യയിൽ എന്താ എഴുതിയിരിക്കുന്നത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഇത് പോയി ശരീരം ഇന്ദ്രിയവും ആശ്രയം അങ്ങനെ ഒരു ശരീരമില്ലല്ലോ ഇതിൽ നിന്ന് അതിരിക്തമായൊരു ശരീരം ഇന്ദ്രിയത്തിന്റെ ആശ്രയം ആകത്തില്ല അതുകൊണ്ട് ഭോഗസാധനം ആകത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന് വ്യത്യസ്തമായ ശരീരം ഇല്ല എന്നാണ് പറയേണ്ടത് അതിനതിരക്തമായൊരു ശരീരമില്ല അതാ പറയുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞ ശരിയാവില്ല ഇൻസിയെ അതിരക്ത കോയി ശരീരം അങ്ങനെ ഒരു ശരീരം ഇല്ലല്ലോ പിന്നെ ജോ ശരീരം എന്നങ്ങനെ പറയും ഏ അതങ്ങനെ പറയും എന്താ പറയുന്നത് ജോ ശരീരം ഇതിന്റെ അതിരിക്ത ഒരു ശരീരം ഉണ്ടാ കോരീ കോഴി ശരീരം ശരീരം ഉണ്ടോ ഇന്ദ്രിയ ആശ്രയമായ അത് ദ്രവ്യം ഇവിടെ പറയുന്ന ശരീരത്തെ കുറിച്ചല്ലേ പറയാ അതായത് ഇപ്പൊ പറയണെന്താണ് ഈ ശരീരത്തിന്ന് അതിരിക്തമായ ഘടക ഇന്ദ്രിയനാശ്രയത്വ ശരീരതയാ ഭോഗം നാസ്തി അത് ഘടത്തിലും പറയാം മനാരബദ്ധ ദ്രവ്യത്തിൽ പോണ്ട ഘടത്തെ എടുക്കുക നാലുവിധ ശരീരത്തിൽ നിന്നും ഭിന്നമാണ് ഇന്ദ്രിയാശ്രയമല്ല അതുപോലെ ശരീരതയാ തത്ര ഭോഗ സാധനത്വം നസ്തി ശരിയല്ലേ അത് ഏതിനും പറയാം ചതുർവിധ ശരീര അനന്തർഭൂത ഇന്ദ്രിയ അനാശ്രയത്വ ശരീരതയാ ഭോഗം നാസ്തി ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലായോ അതുകൊണ്ട് ഇവിടെ പറയുന്നു മന ആരബ്ദസ് മനസ്യ അനാശ്രയത്വ ഭധനതയാ ശരീരത്വം ഭോഗസാധനതയാ ശരീരത്വം നസ്യ ഇന്ദ്രിയ അനാശ്ര ആ ശരീരതയാ ഭോഗസാധനം നസ്യ ശരീരത്വേന ഭോഗസാധനത്വം നസ്തിവ്യങ്ങളെയും ഏത് കാര്യദ്രവ്യങ്ങളിലും അത് വരാം ഇന്ദ്രിയ അനാശ്രയത്വമാണെങ്കിൽ യാ ശരീരം മൃതശരീരം കൊടുത്ത എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞ നാല് ശരീരങ്ങളാണ് അപ്പോ അന്യത്ര ശരീരങ്ങൾ എങ്ങനെ ഭോഗസാധനമാകുന്നു ഇന്ദ്രിയത്വേന പോകസാധനമാകുന്നു അതുകൊണ്ട് മൃതശരീരത്തെ ഉദാഹരണമായിട്ട് കൊടുത്തു മൃതശരീരത്തിൽ ഭോഗസാധനത്വം ഇല്ലല്ലോ ഏത് വേണോ പറയാം ഘടവത്ത് അവിടെ ഇങ്ങനെ പറയണം ചതുർവിധ ശരീരാതിരിക്ത കാര്യദ്രവ്യസ ഇന്ദ്രിയാശ്ര അനാശ്രയാ ഭോഗ ശരീരത്വേന ചേർക്കണം ശരീരത്വേന ഭോഗസാധനാസിനും പറയാം ശരിയാവും പക്ഷെ മൃതശരീരം പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായ ഉദാഹരണം അത് മാത്രമല്ല ഇങ്ങനെ പറയ പറയാണ് എന്താണ് ചർവിത ശരീരസ്യാ അങ്ങനെ ഒരു വ്യാപ്തി പറയണു ഇന്ദ്രിയ ആശ്രയതയാ ഭൂകസാധനത്വം അസ്ഥി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം കാണിക്കൂ ഇവിടെ മൃതശരീരത്തിൽ ഇങ്ങനെ ഒരു വ്യാപ്തി പറയണേ എത്ര എത്ര ഇന്ദ്രിയാശ്രയ എത്രയെത്ര ശരീരത്വേന ഭോഗ ശരീര അന്തർഭൂതത്വേന ഭോഗസാധനത്വം തത്ര ഇന്ദ്രിയാശ്രയത്വം പറയുന്നില്ല എത്ര എത്ര ശരീരത്വേന ഭോഗ സാധനത്വം അത്രയത്ര ചതുർവിധ ശരീരാന്തർഭൂതത്വം എന്ന് പറയുന്നു എവിടെയെല്ലാം ശരീരമായ രൂപത്തിൽ ഭോഗസാധനത്വം ഉണ്ടോ അവിടെ എവിടെയെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറയുന്നു അപ്പം പറയും മൃതശരീരം കൂടെ പോകാനും കാണുന്നില്ല പക്ഷെ അത് ചതുർവിധ ശരീരത്തെ അന്തർഭവിച്ചിരിക്കുകയാണ് അപ്പൊ പറയേണ്ടി വരും അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെ പറയണം ഇങ്ങനെ എത്രയെത്ര ചതുർവിധ ശരീരത്വം പറയണം എത്രയെത്ര ചതുർവിധ ശരീരത്വം ശരീരത്വനെ ഭോഗസാധനത്വം സ്വാഭാവിക അല്ല ഇത്രയും പറയാൻ എത്രയെത്ര ചതുവിധ ശരീരം അത്രയത്ര ശരീരത്വേന ഭോഗസാധനത്വം എവിടെ എവിടെയെല്ലാം ചതുർവിധ ശരീരങ്ങളുണ്ടോ അവിടെ എവിടെയെല്ലാം ശരീരത്തിന് ഭോഗസാധനം അങ്ങനെ പറയുമ്പോൾ പറയും മൃതശരീരത്തിന് വ്യഭിചാരം അനുമാനത്തില് അതുകൊണ്ടെന്ത് പറയേണ്ടി വരും എത്രയെത്ര ശരീരത്വം എത്ര എത്ര ഇന്ദ്രിയ ആശ്രയത്വേന ചതുർവിധ ശരീരത്തും തത്ര ശരീരത്വേന ഭോഗസാധനം അതിനുവേണ്ടിയിട്ടാണ് മൃതശരീര പറഞ്ഞത് അല്ല ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ശരീരം ഭോഗസാധനം എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞ ശരീരം ഭോഗസാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതശരീരം ഭോഗസാധനമല്ലോ എന്ന് പറയും അതുകൊണ്ട് പറഞ്ഞു ശരീരം ഭോഗസാധനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ആശ്രയത്വമില്ല ശരീരം ഭോഗസാധനം അപ്പൊ ശരീരം ഭോഗസാധനം എന്ന് പറയുന്ന വരുന്ന വ്യാപ്തിയിൽ വ്യഭിജനം വരാതിരിക്കാനാണ് ഇവിടെ എന്ത് ചെയ്യത്തത് മനസ്സിൽ നിന്ന് ആരബ്ധമായ ഒരു ശരീരത്തിൽ ഭോഗസാധനത്വത്തെ വരുത്താൻ വേണ്ടിയിട്ടല്ല മന ആരബ്ധമായ ശരീരത്തിൽ ഭോഗസാധനത്വം വരണം അതുകൊണ്ട് ഇന്ദ്രിയാശ്രയത്വം അങ്ങനെ ധാരണയിലാണ് ഇന്ത്യ എഴുതിയത് അങ്ങനെയല്ല ഏത് ശരീരത്തിലും നാല് ശരീരങ്ങളിലും ഭോഗ സാധനത്വം വരണമെങ്കിൽ എന്ത് വേണം ഇന്ദ്രിയാശ്രയത്വം വേണം അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് അത്രയും മൃതശരീരവത് അഭോകസാധനത്തായ ഇന്ദ്രിയ അനാശ്രയത്വം വേണം അത് വ്യതിരേകമായി പറഞ്ഞു മനസ്സിലായോ അന്യമായി പറയുന്നതിനു വേറും വ്യതിരേമായി പറഞ്ഞു ആ ഭോഗസാധന ഇന്ദ്രിയ അനാശ്രയത്വം ഇന്ദ്രിയ അനാശ്രയത്വ മൃതശരീരത്തിൽ അത് ഹിന്ദിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പറയണോ അല്ലാതെ സാധാരണ രീതി പറയുമ്പോ എന്താണോ വിഷയത്വേന അതിന് ഹിന്ദിയിൽ വിഷയത്വേന വിഷയത്വരൂപ എന്ന് പറഞ്ഞു അങ്ങനെയാ സാധാരണ പറയുന്നു വിഷയരൂപസേന്ന് പറയുന്ന വിഷയത്വരൂപേണ വിഷയത്വസേ രൂപേണെന്ന് പറഞ്ഞാൽ വിഷയത്വരൂപേണെന്ന് സംസ്കൃതത്തിൽ പറയും വിഷയത്വേന വിഷയത്വേനം പറയും അത്രേ ഉള്ളൂ അതൊക്കെ ഭാഷയുടെ പ്രശ്നം നമ്മുടെ ഭാഷയുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ആശയത്തിൽ വരുന്ന വ്യത്യാസം ഇവിടെ വരുന്നത് അതിരിക്ത ശരീരം എന്ന് പറഞ്ഞിട്ടാണ് മിസ്റ്റേക്ക് ശരീരം അതാണ് സംസ്കൃതത്തിന്റെ രീതി ഘടത്വേന വെറുതെ അല്ല അത് ഫലത്തിൽ ഘടരൂപേണന്ന് വരും സാമാന്യ തത്വത്തെ പറയാൻ വേണ്ടിട്ടാണെന്ന് പറയുന്നത് ഘടത്വേന എന്ന് പറയുന്നത് സാമാന്യമായി ഒരു നിയമം പറയുമ്പോഴാണ് ആ അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ശരി സംസ്കൃതത്തിന് എന്നുപറഞ്ഞാൽ ഘടസ കൃതകത്വേന അനിത്യത്വ എന്ന് പറയും ഘട്യ എന്ന് പറഞ്ഞാൽ അർത്ഥം ഘടകൃതകാണ് മനസ്സിലായത് ഘടസ്യ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഘടഹ കൃത അപ്പൊ ഘടകൃത എന്ന് പറയുന്നതിനു എന്താ പറയും ഘടസ്യ കൃതകത്വം എന്ന് പറഞ്ഞാൽ ഒരു ഘടകമല്ല എല്ലാ ഘടങ്ങളും കൃതകമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഘടസ കൃതകത്വം എന്ന് പറയുന്നത് സാമാന്യ തത്വത്തെ പറയാൻ വിഷയം ഒരു വിഷയമല്ല വിഷയത്വം വെച്ചാൽ സർവ്വ വിഷയം സംസ്കൃതം ശരി അതാണ് ശരി അപ്പോ ഇവിടെയെല്ലാം അനുമാനപ്രയോഗമാണോ തത്രജ ഹേതുരനന്തർഭൂതത്വം അവിടെ എന്താ അനുമാനം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് സംസ്കൃതത്തിൽ അവിടുത്തെ അനുമാനം പറയാമോ അത് കഴിഞ്ഞ് തത്രജ ഹേതുരനന്തർഭൂതത്വം അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ബാക്കി അനുമാനം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്തൊക്കെ പറയാം അതിന്റെ അനുമാനം അത് അനുമാനമാണ് അനു അതൊരു അനുമാനമാണ് കണ്ടുകഴിഞ്ഞ അനുമാനം അനുമാനപ്രയോഗം കണ്ടുപിടിച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ ഇങ്ങനെ വരുന്നിടത്തല്ല ഇന്ദ്രിയാശ്രയത്വം ഭൂ അസാധനത്വം അനുമാനം പറയുക പക്ഷം സാധ്യം ഏതു ശരീര ഭോഗാസാധനം അന്റെ അനുമാനം പറയാൻ പഠിച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു തർക്കം ശരീരം കണ്ടു കഴിഞ്ഞു ഇന്ദ്രിയാനാശ്രയ ശരീരം ഭോഗാസാധനം ചതുർവിധ ചതുർവിധ ശരീര അനന്തർഭാവത്വ ഒന്നുകൂടെ ശ്രമിച്ചാൽ മതി ശരിയാവും അടുത്തു വരുന്നുണ്ട് മനാരതം ചർവിധ ശരീര അനന്തർഭൂത ത്ര എന്നുവച്ച ഇന്ദ്രിയ അനാശ്രയത്വത്തിന് ഏതു ആണെന്ത മനാരബദ ദ്രവ്യം ഇന്ദ്രിയ അനാശ്രയം എന്ന് പറഞ്ഞേ അതെങ്ങനെയാകും അത് പറയുന്നു മനാശ്രയദ്രവ്യത്വത്തിന് വീണ്ടും പക്ഷമാക്കുക സാധ്യമെന്താണ് ഇന്ദ്രി ഇന്ദ്രിയ അനാശ്രയം മനാരബദ ദ്രവ്യം ഇന്ദ്രിയ അനാശ്രയം ഏതും എന്താണ് ശരീരാനന്തരഭൂതത്വ ഈ നാല് ശരീരത്തിൽ ഉൾപ്പെടാത്തോണ്ട് ഇന്ദ്രിയാശ്രയമല്ല കാരണം നാല് ശരീരങ്ങളല്ലേ ഇന്ദ്രിയാശ്രയമായിട്ടുള്ളു ഏതുപോലെ മൃതശരീര ഘടവത്വെന്ന് പറയുന്നു മനാരബ്ദ്രവ്യം പക്ഷം ഇന്ദ്രിയ അനാശ്രയത്വം അത് തന്നെ ഇന്ദ്രിയ സാധ്യം ഇന്ദ്രിയനാശ്രയത്വ സാധ്യം ഇന്ദ്രിയനാശ്രയ ദ്രവ്യമാകുമ്പോ ഇന്ദ്രിയനാശ്രയം ചതുർവിധ ശരീര അനന്തർഭൂതത്വ ഘടത്തിന് നോക്കുക ഘടം എന്ന് പറയുന്നത് ഹേതു നോക്കുക ചതുർവിധ ശരീര അന്തർഭൂതമാണോ ഘടം അനന്തർഭൂതത്വം ഇനി നോക്കുക ഇന്ദ്രിയനാശ്രയത്വം അവിടെ ഉണ്ടത്തിൽ സാധ്യമെന്ന് ഹേതു വന്നു പിന്നെ പക്ഷം നോക്കുക എന്താണ് മനാശ്രയ ദ്രവ്യം ഏതുകൊണ്ടാന്ന് നോക്കുക ഏതുകൊണ്ടാണ് ആണല്ലോ ഏതുകൊണ്ടല്ലോ ചതുർവിധ ശരീരത്തിൽ ഇല്ലല്ലോ അത് അപ്പൊ ഏതുകൊണ്ട് അപ്പൊ സാധ്യമെന്ന് കഴിഞ്ഞ എന്താണ് ഇന്ദിരാ അനാശ്രയത്വം മനസ്സിൽ ഇന്ദിര അനാശ്രയത്വം ശ്രദ്ധിച്ചു അത് പക്ഷേ മന ആരബ്ദ ദ്രവ്യത്തിൽ ശരീരത്തിലല്ല മന ആരബ്ധ്രവ്യത്തിൽ ഇന്ദ്രിയ അനാശ്രയത്വം സിദ്ധിച്ചു അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ദ്രവ്യം വിഷയത്വേന ഭോഗസാധനമാകത്തില്ല ശരീരമാണെന്ന് പറയുന്നില്ലല്ലോ ശരീരമാണെന്ന് എങ്ങനെ ആരബ്ദ്രവ്യം എന്നേ പറയുന്നു ആരബ്ദ്രവ്യം ശരീരമാണോ അല്ലേ എന്നാ ചിന്തിക്കുന്നത് ശരീരമാണെങ്കിൽ ശരീരത്തിന് വിഷയസാധനമാകും അപ്പോ അത് ശരീരമേ അല്ല അത് ശരീരമല്ല എന്നുള്ളതിലാണ് ആദ്യത്തെ അനുവാദം നടത്തിയത് എന്താണ് ആദ്യം എന്ത് പറഞ്ഞു മനാരബ്ദദ്രവ്യം ആൻ തൊട്ടവും വന്നു പറഞ്ഞു എന്താ തൊട്ടു നുമ്പ് പറഞ്ഞത് മനാരബദ ദ്രവ്യം ഇന്ദ്രിയ അനാശ്രയം ആ ഭോഗൃതശരീരവ് അപ്പൊ മനാരബ്ദ ദ്രവ്യത്തിൽ എന്ത് ചെയ്തു ഏഹ്സാധന ആ ഭോഗ തിരിച്ച് ആ ഭോഗസാധനത്വം ഇന്ദ്രിയ അനാശ്രയത്വമാണല്ലോ ഹേതു ഇന്ദ്രിയ അനാശ്രയത്വം ഭോഗസാധനം അല്ലാന്ന് പറഞ്ഞു അപ്പൊ ഭോഗസാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരമല്ല ആ ദ്രവ്യം ഭോഗസാധനമല്ല ഇന്ദ്രിയ അനാശ്രയത്വം ഇനി വന്നു എന്തുകൊണ്ടത് ഇന്ദ്രിയ പറഞ്ഞു ചതുർവിധ ശരീര അനന്തർഭൂതമായിരുന്നു അപ്പോ ഇതുകൊണ്ട് എന്തായി അത് ചതുർവിധ ശരീരത്തിനും പെടുന്നില്ല ഇന്ദ്രിയ ആശ്രയവുമല്ല ഭോഗസാധനവുമല്ല എല്ലാം ശ്രദ്ധിച്ചു കേവലരിദ്രയും അങ്ങനെ ഒന്നും ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്വേന ഭോഗസാധന ശരീരത്വ ഇന്ദ്രിയശ്രയത്വനെ ശരീര ഭോഗസാധനമാകണം ഏഹ് അല്ലെ വെറുതൊരു ദേവിയാണെങ്കിൽ ഇന്ദ്രിയ ഇന്ദ്രിയ ആശ്രയത്വന ശരീരത്വം വരുന്നിടത്ത് ശരീരതയാ ഭോഗസാധനം വരും അതുകൂടെ ചേർക്കണം അതില്ലാതെ ഇന്ദ്രിയ ആശ്രയത്വേന ഭോഗസാധനം വന്നാൽ ശരീരതയാ ശരീരതയാധനം ഭരും അപ്പോ ആ രണ്ടനുമാനങ്ങളും പരസ്പരം യോജിപ്പിക്കണം ആ ഭോഗസാധനതയ ഇന്ദ്രിയ ഭോഗ സാധ്യം ആ ഭോഗസാധനത്വം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയ അനാശ്രയത്വം ഏതു അതിൽ തന്നെ മനാരധദ്രവ്യത്തിൽ പക്ഷം അത് ഇന്ദ്രിയ അനാശ്രയത്വം ഉള്ളത് കൊണ്ട് അത് ഭോഗ സാധനം അല്ല എന്ന് പറയുന്നു എന്തുകൊണ്ടതിൽ ഇന്ദ്രിയ അനാശ്രയത്വം എന്ന അനുസമാനം പറയണ്ടേ അത് ചതുർവിധ ശരീരത്തിൽ പെടുന്നില്ല കടത്ത പോലെ ഈ രണ്ടു കാര്യങ്ങളും ആ ശ്രദ്ധിക്കുന്നു മറിച്ച് കഴിഞ്ചാതിരയ്ക്ക് പോയി ശരീ ശരീരം എന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു ശരീരം ഒരു ദ്രവ്യം അത് ഇന്ദ്രിയത്തിന്റെ ആശ്രയമാകുന്നില്ല അതാണ് ഒന്നാമത് മിസ്റ്റേക്ക് ഇന്ന് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണ് ഇത്രേ ഉള്ളൂ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ തോന്നിയുള്ളൂ നല്ല കഥയായി നിങ്ങൾ ഹിന്ദി വായിച്ചതുമില്ല വായിച്ചായിരുന്നോ ഹിന്ദി ഇനി അടുത്തു നോക്കുക എന്നാൽ വിഷയതയാ രൂപ സ്പർശ ശൂന്യ ആരബസ് നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ വന്ന സംശയം വ്യാഖ്യാതാവിന്റെ മനസ്സിലും വന്നു അതുകൊണ്ട് വ്യാഖ്യാതെന്തെഴുതി രൂപം ഇട്ട് മനസ്സിലായോ സ്പർശൂന്യദ്ര ജന്യദ്രവി സ്പർശൂന്യോ ഇത് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് സ്പർശ ശൂന്യമായ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ ചോദിച്ചില്ലേ പലരുടെയും മനസ്സംശയം വന്നില്ലേ കാരണം പൃഥ്വി അപ്പ് തേജസ് വായു നാലും സ്പർശമുണ്ട് അപ്പൊ വ്യാപ്തി ഇത് പറഞ്ഞാ മതി എന്താണ് സ്പർശൂന്യമായ ഒന്നിൽ നിന്നുണ്ടാകുന്ന ആദ്രവ്യത്തിലും എന്തുവരും ഇവിടെ എന്തു പറഞ്ഞു സ്പർശി സ്പർശ ശൂന്യം അതുകൊണ്ട് വിഷയമാകത്തില്ല മനസിലായോ സ്പർശൂന്യമായ ഒന്നിൽ നിന്ന് പരമാണുവിൽ നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യം സ്പർശൂന്യമായിരിക്കും സ്പർശൂന്യമായി കഴിഞ്ഞാൽ വിഷയമാകത്തില്ല നല്ലേ പറഞ്ഞു നോക്ക പൃഥ്വിഅ അപ്പ് തേജസ് വായു നാലെണ്ണമാണ് വിഷയം നാലും സ്പർശത്തിൽ നിന്നുണ്ടാവുന്നു അപ്പൊ നാലും വിഷയമാണ് മനസ്സിനെടുക്കുക സ്പർശൂന്യമായ ഉണ്ടാകുന്നതെങ്കിൽ ആ സ്പർശൂന്യമായ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നുവെന്ന് സ്പർശൂന്യമായിരിക്കും അപ്പൊ അത് വിഷയമാകത്തില്ല കാരണം വിഷയങ്ങൾ നാലും നാലും സ്പർശമുണ്ട് പക്ഷേ മൂലകാരൻ എന്ത് ചെയ്തു രൂപസ്പർശ ശൂന്യം ഒന്ന് മനഃപൂർവ്വം പറഞ്ഞു രൂപം കൂടെ ചേർത്ത് അപ്പൊ നമ്മുടെ ബുദ്ധിയുടെ നിലവാരം എവിടെ നിൽക്കുന്നു ഗ്രന്ഥകാരന്റെയും വ്യാഖ്യാതാവ് പറഞ്ഞപ്പോഴും എന്തു പറഞ്ഞു നോക്കുക രൂപസ്പർശൂന്യ അന്ധക്കരണ ആരബ്ദമി രൂപസ്പർശൂന്യം ഇവിടെ അന്ധകരണെന്ന് വെച്ചാൽ മനസ്സ് കണ്ടോ രൂപസ്പർശ ശൂന്യ അന്ധക്കരണ എന്ന് വെച്ചാൽ മനസ്സ് അതേവ വിഷയത്വരഹിതം എന്ന് പറഞ്ഞു മനസ്സിലായോ ഇതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അദ്വൈതി ഇപ്പൊ പറയുന്നത് എന്താണ് തമസിന്റെ കാര്യമാണ് തമസിന്റെ പരമാണു നിന്നുണ്ടായ തമസ് രൂപമുണ്ട് അല്ലേ അല്ലേ പറയുന്നത് സ്പർശൂന്യമായത് കൊണ്ട് വിഷയമാകത്തില്ലെന്നാണ് പറയുന്നത് ഇവിടെ അദ്വൈതി പറയുന്നത് സ്പർശൂന്യമായ തമപരമാണുവിൽ നിന്നുണ്ടായ മഹത്തമസ് വിഷയമാവുന്ന രൂപമുള്ളതുകൊണ്ട് മനസ്സിലായ സ്പർശൂന്യമായ തമപരമാണുവിൽ നിന്നുണ്ടായത് വിഷയമാകുന്ന രൂപമുള്ളതുകൊണ്ട് ഇങ്ങനെ പറയണു സ്പർശൂന്യമായ ഒന്നിൽ നിന്നുണ്ടാകുന്നത് സ്പർശമുണ്ട് കാണത്തില്ല അതുകൊണ്ട് വിഷയമാകത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുണ്ട് സ്പർശ ശൂന്യമായ ഒന്നിൽ നിന്നുണ്ടാകുന്നത് രൂപമുണ്ടെങ്കിൽ അത് വിഷയമാകും പക്ഷെ രൂപമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മൂന്ന് ദ്രവ്യങ്ങളിലും സ്പർശവും ഉണ്ടല്ലോ അത് നാലിനുമുണ്ടല്ലോ സ്പർശം ഇവിടെ തമസിനെ എടുക്കുമ്പോ രൂപം ഉണ്ട് തമസിനെ എടുക്കുമ്പോഴത്തേക്ക് സ്പർശ ശൂന്യമായി നിന്നാണ് വരുന്നു േർന്ന് അങ്ങനെയല്ല പറയുന്നത് സ്പർശ ശൂന്യമായ ഒന്നിൽ നിന്ന് ഉണ്ടായാൽ അതിൽ സ്പർശം കാണത്തില്ല അതുകൊണ്ട് വിഷയം കാണത്തില്ല അത് വിഷയമാകത്തില്ല അതിൽ രൂപവും കാണത്തില്ല ഏഹ് അതിൽ രൂപവും തമസ് അങ്ങനെയാണ് തമസ് ഇവര് പറയുന്നു എന്താണ് മനസ്സിൽ നിന്ന് മനസ്സിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകില്ല ഉണ്ടായാൽ വിഷയമാകത്തില്ല കാരണം പറയുന്ന എന്താണ് സ്പർശമില്ലാത്തോണ്ടെന്നാണ് അതാ പറഞ്ഞത് അല്ലേ പിന്നെ രൂപമില്ലെന്നവർക്ക് പറയാൻ പറ്റില്ല എന്നുകൊണ്ട് രൂപമില്ലാത്ത വായുവിൽ നിന്ന് സാധനം ഉണ്ടായിട്ട് അത് വിഷയമാകുന്നു പക്ഷേ സ്പർശമുണ്ടാവണല്ലോ ഏ ഉണ്ടാകണമെങ്കിൽ സ്പർശം അത് തന്നെ സ്പർശം എന്ന് പറയുന്നത് വായുവിലുണ്ട് അവിടെ നിയമം എന്താണോ സ്പർശമില്ലാത്ത ഒന്നിൽ നിന്നും ഒരു കാര്യദ്രവ്യുണ്ടായ അതിന് സ്പർശം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വിഷയം ആകത്തില്ല എന്നാൽ ഇവിടെ പറയുന്ന എന്താണ് സ്പർശരഹിതമായ അത് അദ്വൈതി പറയുന്നല്ലോ ഇനി അദ്വൈതിയെ സംബന്ധിച്ച് പറയും ഞങ്ങളുടെ തമസിൽ സ്പർശമുണ്ടെന്ന് പറയാം അത് പിന്നെ പറയും അദ്വൈതിക്ക് തമസിൽ സ്പർശമുണ്ട് അതിപ്പോ പറയേണ്ട ആവശ്യമില്ല മനസ്സിലായോ അദ്വൈതി താർക്കികം പറയുന്നതാണ് സ്പർശൂന്യമായ പരമാണുവിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യം സ്പർശൂന്യമായോണ്ട് വിഷയമാകത്തില്ല അദ്വൈതി പറയുന്നത് സ്പർശൂന്യമായ തമ പരമാണുവിൽ നിന്ന് ഉണ്ടാകുന്ന തമസ് രൂപമുള്ളത് കൊണ്ട് വിഷയമാകുന്നു രൂപമുണ്ടായാൽ വിഷയമാവണെന്ന് അവർക്ക് പുലതിവി അപ്പ് തേജസ് മൂന്നും ഒരുപോലുള്ള വിഷയമാണ് ഇനി തമസിൽ സ്പർശമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അടുത്ത് വരുമ്പോൾ അദ്ദേഹം പറയും ഞങ്ങൾക്ക് തമസില് സ്പർശമുണ്ടോ അല്ലേ ഉണ്ടാവില്ലേ ഉണ്ട് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂതഛായ ശീതസ്പർശ അനുഭവം ഉണ്ടോ മാവിന്റെ ചോട്ടില് ഇരിക്കുമ്പം തമസിലല്ലി ഇരിക്കുന്നു ശീതമാണല്ലോ വടച്ചായ ഉഷ്ണസ്പർശ വടവുഷത്തിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണോ അത് ചൂടാണ് അതല്ലേ ആൾക്കാർ മാവിന്റെ ചോട്ടിൽ പോയിരിക്കുന്നു വടവൃഷത്തിന്റെ ആലിന്റെ ചോട്ടിൽ ഇരുന്ന് ചൂടാ അതറിയത്തില്ലേ ചൂടുള്ള സമയത്ത് പോയിരുന്നു നോക്ക ആലിന്റെ ചൂട്ടിൽ ചൂടായിരിക്കും നോക്ക് നല്ല ചൂടാണ് ഇപ്പൊ അത് ഇത് വടവൃക്ഷം ഇതല്ല അക്ഷത്വത്തിന്റെ താഴെ ആയിരിക്കില്ല അക്ഷത്വത്തിന്റെ താഴെ അത് തന്നെ മറ്റേ വൃക്ഷം അല്ലേ ഏത് പേരാൽ ആലാല് പേരാൽ ഏഹ് പേരാൽ അരയാലിന്റെ താഴത്തെ നടപ്പായിരിക്കും എന്ത് അരയാൽ ആലിന്റെ ചൂട്ടിപ്പോ ഇരുന്ന് നോക്ക ചൂട് സമയത്ത് എന്നിട്ട് പറയുക ചൂടായിരിക്കും അതിന്റെ വ്യത്യാസം അറിയണമെങ്കിൽ മാവിന്റെ ചോട്ടിലൂടെ മാവിന്റെ ചോട്ടിൽ കൂടെ പോയിരിക്കുന്നു മാവിന്റെ ചുവട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ആ സമയം എന്റെ അനുഭവം അങ്ങനെയാണ് ഞാൻ പോയിരുന്നിട്ടുമുണ്ട് രണ്ടിടത്തും എന്റെ അനുഭവം മാത്രമല്ല ആ ചിന്മത്തിന്റെ ചുവട്ടിൽ ആലും ഉണ്ട് മാവുമുണ്ടെങ്കി ആളിന്റെ ചുവട്ടി ആരും ഇരിക്കത്തില്ല ചൂട് കാലത്ത് നമുക്ക് ഇവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ലല്ലോ വടക്കേന്ത്യയിലൊക്കെ നല്ല ഉഷ്ണുള്ള സമയത്ത് ആൾക്കാർ പോയി മാവിന്റെ ചുവട്ടി ഇവിടെ കുറച്ചുകൂടെ തണുപ്പുണ്ടെന്ന് പറയും ഇങ്ങനെ പറയത്തു തർക്കം പഠിക്കാത്തോണ്ട് അവിടെ ഉഷ്ണമെന്ന് പറയത്തില്ല മാവിന്റെ ചുവട്ടിൽ പോയത് ചോറ് ആ ഇവിടെ കുറച്ചുകൂടെ തണുപ്പുണ്ടെന്ന് പറയും ഉം അപ്പോ അവിടെ ഇരിക്കുന്നവിടെ തമസിലാണ് ഛായ തമസ്സാണ് അതിന്റെ താർക്കികമാർഗ്ഗം എളുപ്പം ജലസംബന്ധം ഏഹ് ചോദിക്കുന്നു ജലത്തിലാണായിരിക്കുന്നത് അതേ നിഴലിലാണ് ജലം രണ്ടാടത്തും ഒരുപോലെയല്ലേ സംബന്ധം രണ്ട് മരത്തിന്റെയും ചോട്ടിലെ ജലം ഒരുപോലെയല്ലേ വായുലുള്ള ജലമല്ലേ ടുത്തും ഒരുപോലെ ഉണ്ടല്ലോ വായുവിൽ ജലം ഇങ്ങനെ പറന്ന് കിടക്കയല്ലേ അല്ല ഇവിടുന്ന് ജലം വരും അതിന്റെ മേളയിൽ നിന്ന് എന്താ താഴോട്ട് വെള്ളം വീണോണ്ടിരിക്കുന്നത് ജലസ്പർശം കൊണ്ടാണ് ശീതകര നട്ടുച്ചക്ക് വെയിലുള്ള സമയത്ത് മരത്തിനെ ചവിട്ടിയിരിക്കുന്ന കാര്യം പറയണ അല്ല ചന്ദ്രനിൽ നിന്ന് വീഴുമ്പോ മരത്തിന്റെ മേളയിരിക്ക മരത്തിന്റെ മേള പറയണെങ്കിൽ ശരി ചന്ദ്രന്റെ വീണ ജലസ്പർശത്തിന് ജലസ്പർശ എന്ന് പറയുന്നത് അവിടെ ജലം വരണമെങ്കിൽ വായു കൂടെ വരണ്ടേ അല്ല എങ്ങനെ ജലം വരും ചന്ദ്രനെന്ന് വരണമെങ്കിൽ മരത്തിന്റെ മേളയിരിക്കണം ഇത് താഴെ ഇരിക്കുന്ന കാര്യമാ പറയുന്നത് വായുവും ജലവും ചൂടും എല്ലാം ഒരുപോലല്ല ഇത് നിങ്ങൾ ഇരുന്ന് നോക്കാതെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മരത്തിന്റെ വിശേഷം കൊണ്ടല്ലേ മരത്തിന്റെ വിശേഷം മരത്തിന്റെ മേളയിരിക്കണം ഇത് മരത്തിന്റെ താഴേ ഈ മരത്തിന്റെ താഴെ മരത്തിന്റെ താഴെ പറയുമ്പോഴ് മരത്തിന്റെ വിശേഷം ഉടങ്ങി മേളിക്കരത്തിന്റെ മേളയ്ക്ക് അറിയാ പറയതാ ഈ മരത്തിന്റെ വിശേഷമാണെന്ന് പറയാം ഒരു അടുത്ത രണ്ടും വൃക്ഷമാണല്ലോ രണ്ടും വൃക്ഷമല്ലേ ആ വൃക്ഷവും കാരണമാണ് ഈ വൃക്ഷം വൃക്ഷം കാരണമാണ് അത് പറഞ്ഞല്ലോ അവിടെ പ്രകാശാവം ഉണ്ട് പ്രകാശാവം കൊണ്ട് അഭിവ്യക്തമാണ് തമസ് പക്ഷെ തമസ്സിന് വ്യത്യാസം ഏഹ് ഒരേ തമസ്സല്ല രണ്ട് രണ്ട് തമസ് ഇവിടത്തെ തമസ് തണുപ്പുള്ളത് മറ്റിടത്ത് ചൂടുള്ളത് തമസ് തണുപ്പും ഇപ്പൊ കടത്തില് നീല പീര രക്ത പല അതുപോലെ തമസിൽ പല ഗുണങ്ങളുണ്ടാകും ആനന്ദ വിരോധം അല്ലല്ലോ ഒരിടത്ത് ചൂട് ഒരിടത്ത് തണുപ്പല്ലേ വിരോധം അങ്ങനെ ഒരു ഘടം നീത വേറൊരു ഘടം പീതാ വിരോധമാണോ രണ്ടിടത്തല്ലേ ഇപ്പൊ അഗ്നിയില് ശീതർശം ഉഷ്ണസ്പർശം ജലത്തില് ശീതസ്പർശം എന്താ വിരോധം ഉണ്ടോ ഇത് രണ്ട് തമസ് ഇത് ചൂടുള്ള തമസ് അതല്ലേ പറഞ്ഞത് ഗുണങ്ങളിരിക്കുന്നതിന് അങ്ങനെ ഇതുണ്ടോ ുണങ്ങളല്ലേ രണ്ട് രണ്ട് ദ്രവ്യത്തിൽ രണ്ട് ഗുണമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പൃഥ്വി എന്ന് പറയുന്ന ഒരു ദ്രവ്യമേ ഉള്ളൂ അതിന് പീതം മാത്രമേ പാടുള്ളൂ രണ്ടും പൃഥ്വി അല്ലേ ഒന്നിന് പീതവും മറ്റൊന്നിന്റെ രക്തവും അങ്ങനെ ഒന്നു ചോദിക്കാൻ പറ്റൂ അങ്ങനെ ചോദിക്കാൻ പറ്റൂരി ഇത് അനുഭവമാണ് ഇതും അംഗീകരിച്ചാണ് സ്വകേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യം പറയുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള മരത്തിന്റെ ചോട്ടി പോയിരിക്കാത്ത എന്റെ കുറ്റോ ഗാർഗീയന്റെ കുറ്റോ അബ്ദീതം എവിടെ കുറ്റോ ആരുടെ കുറ്റോ തണുപ്പ് മാവിന്റെ കൂടുതലുണ്ടോ അത് സത്യമാണ് അത് സത്യമാണെങ്കിൽ അല്ല സത്യമാ എങ്ങനെ രാത്രിയില്ല അത് ചൂട് കാലമോ അതോ പിന്നെ മഴക്കാലമോ മഴക്കാലത്താണ് അതിന്റെ നിങ്ങൾ മഴക്കാലത്ത് ആലിനെ ചൂട്ടിപ്പോയിരുന്നിട്ട് പറയാണ് ഇവിടെ എന്താ ചൂടില്ലാത്ത ചോദിച്ച മഴക്കാലത്തെ കാര്യമല്ല പറയുന്നത്